ം അഞ്ച് അന്ന് ഡെബോരയും അബിനോവാമിന്റെ മകനായ ബാരാക്കും പാട്ടുപാടിയത് എന്തെന്നാൽ നായകന്മാർ ഇസ്രയേലിനെ നയിച്ചതിനും ജനം സ്വമേധയാ സേവിച്ചതിനും യഹോവയെ വാഴ്ത്തുവീൻ രാജാക്കന്മാരെ കേൾപ്പീൻ പ്രഭുക്കന്മാരെ ചെവി ഞാൻ പാടും യഹോവയ്ക്ക് ഞാൻ പാടും ഇസ്രയേലിൻ ദൈവമായ യഹോവയ്ക്ക് കീർത്തനം ചെയ്യും യഹോവെ നീ സേയിരിൽ നിന്ന് പുറപ്പെടുകയിൽ ഏതോമ്യ ദേശത്തു കൂടി നീ നടക്കൊള്ളുകയിൽ ഭൂമി കുലുങ്ങി ആകാശം പൊഴിഞ്ഞു മേഘങ്ങൾ വെള്ളം ചുരിഞ്ഞു യഹോവാ സന്നിധിയിൽ മലകൾ കുലുങ്ങി ഇസ്രയേലിൻ ദൈവമായ യഹോവയ്ക്കു മുമ്പിൽ ആ സീനായി തന്നെ അനാത്തിൻ പുത്രനാം ശങ്കരൻ നാളിലും യാേലിൻ കാലത്തും പാതകൾ ശൂന്യമായി വഴിപോക്കർ വളഞ്ഞ വഴികളിൽ നടന്നു ദപോരയായ ഞാൻ എഴുന്നേൽക്കും വരെ ഇസ്രയേലിൽ മാതാവായ എഴുന്നേൽക്കും വരെ നായകന്മാർ ഇസ്രയേലിൽ അശേഷം അറ്റുപോയിരുന്നു അവർ ൂതന ദേവന്മാരെ വരിച്ചു ഗോപുരദ്വാരത്തിങ്കൽ യുദ്ധം ഭവിച്ചു ഇസ്രയേലിന്റെ നാൽപ്പതിനായിരത്തിൻമധ്യേ പരിചയം കുന്തവും കണ്ടതേയില്ല എന്റെ ഹൃദയം ഇസ്രയേൽ നായകന്മാരോട് പറ്റുന്നു ജനത്തിലെ സ്വമേധാസേവകരെ യഹോവയെ വാഴ്ത്തുവിൽ വെള്ളക്കഴുതപ്പുറത്ത് കയറുന്നവരെ പരവതാനികളിൽ ഇരിക്കുന്നവരെ കാൽനടയായി പോകുന്നവരെ വർണ്ണിപ്പിയും വില്ലാളികളുടെ ഞാണൊലിയോടകലെ നീർപ്പാത്തിക്കിടയിൽ അവിടെ അവർ യഹോവയുടെ നീതികളെ ഇസ്രയേലിലെ ഭരണനീതികളെ കഥിക്കും യഹോവയുടെ ജനം അന്ന് ഗോപുരദ്വാരത്തിങ്കൽ ചെന്നു ഉണരുക ഉണരുക ദബോരയെ ഉണരുക ഉണർന്ന് പാട്ട് പാടുക എഴുന്നേൽക്ക ബാരാക്ക് അബീനോവാമാത്മജ നിന്റെ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോക അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജനവും ഇറങ്ങിവന്നു വീരന്മാരുടെ മധ്യെ യഹോവയും എനിക്കായി ഇറങ്ങിവന്നു എഫ്രൈമിൽ നിന്ന് അമാലേക്കിൽ വേരുള്ളവരും ബെന്യാമീനെ നിന്റെ പിന്നാലെ നിന്റെ ജനസമൂഹത്തിൽ മാഖീരിൽ നിന്ന് അധിപന്മാരും സെബോലൂനിൽ നിന്ന് നായകദണ്ഡധാരികളും വന്നു ഇസാഖാർ പ്രഭുക്കന്മാർ ദബോരയോടുകൂടെ ഇസാഖാർ എന്ന ബാരാക്കും താഴ്വരയിൽ അവനോടുകൂടെ ചാടി പുറപ്പെട്ടു രൂപന്റെ നീർച്ചാലുകൾക്കരികെ ഖനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി ട്ടിൻകൂട്ടങ്ങൾക്കരികെ കുഴലൂത്ത് കേൾപ്പാൻ നീ തൊഴുത്തുകൾക്കിടയിൽ പാർക്കുന്നതെന്ത് രൂപന്റെ നീർച്ചാലുകൾക്കരികെ ഖനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി ഗിലയാർദാനക്കരെ പാർത്തു ദാൻ കപ്പലുകൾക്കരികെ താമസിക്കുന്നത് എന്ത് ആഷേർ സമുദ്രതീരത്ത് അനങ്ങാതിരുന്നു തുറമുഖങ്ങൾക്കകത്ത് പാർത്തുകൊണ്ടിരുന്നു സെബൂലൂൻ പ്രാണനെ ത്യജിച്ച ജനം നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ രാജാക്കന്മാർ വന്ന് പൊരുതു താനാക്കിൽ വച്ച് മെഗീദോ വെള്ളത്തിനരികെ കനാന്യ ഭൂവന്മാർ അന്നു പൊരുതു വെള്ളിയങ് അവർക്ക് കൊള്ളയായില്ല ആകാശത്തുനിന്ന് നക്ഷത്രങ്ങൾ പൊരുതും അവർ സീസരയുമായി സ്വഗതികളിൽ പൊരുതും കീശോൻത്തോട് പുരാതന നദിയാം കീശോൻത്തോട് തള്ളിയങ് അവരെ ഒഴുക്കിക്കൊണ്ടുപോയി എൻ മനമേ നീ ബലത്തോടെ നടകൊള്ളുക അന്ന് വൽഗിതത്താൽ ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ ഘട്ടനം ചെയ്തു മേരോസ് നഗരത്തെ ശപിച്ചുകൊള്ളീൻ അതിൻ നിവാസികളെ ഉഗ്രമായി ശപിപ്പീൻ എന്ന് യഹോവാദൂതൻ അരുളിച്ചെയ്തു അവർ യഹോവയ്ക്ക് തുണയായി വന്നില്ലല്ലോ ശൂരന്മാർക്കെതിരെ യഹോവയ്ക്ക് തുണയായി തന്നെ കേന്യനാം ഹേബേരിൻ ഭാര്യയാം യായലോ നാരീജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ കൂടാരവാസിനി ജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ തണ്ണീർ അവൻ ചോദിച്ചു പാൽ അവൾ കൊടുത്തു രാജകീയ പാത്രത്തിൽ അവൾ ക്ഷീരം കൊടുത്തു കുറ്റിയെടുപ്പാൻ അവൾ കൈനീട്ടി തന്റെ വലങ്കൈ പണിക്കാരുടെ ചുറ്റികയ്ക്ക് നീട്ടി സീസരയെ തല്ലി അവന്റെ തല തകർത്തു അവന്റെ ചെന്നി കുത്തിളച്ചു അവളുടെ കാൽക്കൽ അവൻ കുനിഞ്ഞു വീണു അവളുടെ കാൽക്കൽ അവൻ കുനിഞ്ഞ് വീണുകിടന്നു കുനിഞ്ഞിടത്തു തന്നെ അവൻ ചത്തുകിടന്നു സീസരയുടെ അമ്മ കിളിവാതിലിലൂടെ കുനിഞ്ഞു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു ജാലകത്തൂടെ വിളിച്ചു പറഞ്ഞത് അവന്റെ തേർ വരുവാൻ വൈകുന്നതെന്ത് രഥചക്രങ്ങൾക്ക് താമസമെന്ത് ജ്ഞാനമേറിയ നായകിമാർ അതിനുത്തരം പറഞ്ഞു താനും തന്നോട് മറുപടി ആവർത്തിച്ചു കിട്ടിയ കൊള്ള അവർ പങ്കിടുകയല്ലയോ ഓരോ പുരുഷന് ഒന്നും രണ്ടും പെണ്ണുങ്ങൾ സീസരയ്ക്ക് കൊള്ള വിചിത്ര വസ്ത്രം തയ്യലായ കൊള്ളയും കൂടെ കൊള്ളക്കാരുടെ കഴുത്തിൽ വിചിത്രശീല ഈരണ്ട് കാണും യഹോവെ നിന്റെ ശത്രുക്കളൊക്കെയും ഈ വണ്ണം നശിക്കട്ടെ അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ തന്നെ പിന്നെ ദേശത്തിന് നാൽപ്പത് സംവത്സരം സ്വസ്ഥതയുണ്ടായി